ഇതിനു മുമ്പ് യൂസഫ് അലേഹിസലാം വ്യക്തമായ തെളിവുകളുമായി നിങ്ങളുടെ അടുക്കൽ വന്നിരുന്നു എന്നാൽ അദ്ദേഹം കൊണ്ടുവന്ന കാര്യങ്ങളിൽ നിങ്ങൾ സംശയിച്ചു അദ്ദേഹം മരണപ്പെട്ടപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇദ്ദേഹത്തിനു ശേഷം അള്ളാഹുസുബഹാനഹൂവത്ത് ആല ഒരു ദൂതനെയും അയക്കില്ല അതിരുകടന്നവനും സംശയിക്കുന്നവനുമായ ഒരാളെ അള്ളാഹുസുബഹാനഹുവത്ത ആല ഇപ്രകാരം വഴിപുഴപ്പിക്കുന്നു